നോമ്പ് ദിവസങ്ങളിലെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായി ലൈംഗികബന്ധം പുലർത്തുന്നത് നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു അവർ നിങ്ങൾക്ക് വസ്ത്രവും നിങ്ങൾ അവർക്കു വസ്ത്രവുമാകുന്നു നിങ്ങൾ നിങ്ങൾക്കു തന്നെ വഞ്ചന കാണിച്ചിരുന്നു എന്ന് അള്ളാഹുസുബഹാനഹൂവത്ത് ആല അറിഞ്ഞു അതിനാൽ അവൻ നിങ്ങൾക്ക് തൗബ് സ്വീകരിക്കുകയും നിങ്ങളോട് പുറത്തു തരികയും അതിനാൽ ഇനി നിങ്ങൾ അവരുമായി ലൈംഗികബന്ധം പുലർത്തുകയും അള്ളാഹുസുബഹാനഹൂവത്ത് ആല നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് തേടുകയും ചെയ്യുക പുലർച്ചെ വെളുത്ത നൂൽ കറുത്ത നൂലിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നതുവരെ നിങ്ങൾ ഭക്ഷിക്കുകയും പാനിക്കുകയും ചെയ്യുക പിന്നീട് രാത്രിവരെ നോമ്പ് പൂർത്തിയാക്കുക നിങ്ങൾ പള്ളികളിൽ എത്തിക്കാഫിലായിരിക്കുമ്പോൾ അവരുമായി ലൈംഗികബന്ധം പുലർത്തരുത് ഇവയാണ് അള്ളാഹു സുബഹാനുഹുവത്തെ ആയാല നിശ്ചയിച്ച അതിരുകൾ അതിനാൽ നിങ്ങൾ അവയടുക്കരുത് മനുഷ്യർ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി അള്ളാഹു സുബഹാനുഹുവത്തെ ആയാല തന്റെ ദൃഷ്ടാന്തങ്ങളെ പ്രകാരം വിശദീകരിച്ചു കൊടുക്കുന്നു